പറയുക ഓ മനുഷ്യരേ ആകാശഭൂമികളുടെ ആധിപത്യം ആരുടേതാണോ അള്ളാഹുസുബാനുഹുവ ചാലാ വിങ്കിൽ നിന്നുള്ള ദൂതനായി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അടുക്കൽ വന്നിരിക്കുന്നു അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുസുബാനുഹുവ ചാലായിലും അള്ളാഹുവിനാൽ വിശ്വസിക്കുകയും അവൻറെ വചനങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്ന അറിവില്ലാത്ത പ്രവാചകനായ അവൻറെ ദൂതനിലും വിശ്വസിക്കുവീൻ നിങ്ങൾ നേർവഴിയിലാകാൻ വേണ്ടി അദ്ദേഹത്തെ പിന്തുടരുക